तो वाक् तपस्य च रद्वि द्वयोचो च सेनाय कस्मा गुप्तिष्टगोन्दे ये निभायो भवति आशीर्धर्मयते परे भगस्य तदेव परमं निश्चराय सम्बद्धं परान महत्वं खंडवन ताभि मोक्षसि अग्रे लोच अनभि संहित परस्य युद्धाक्षस्य धर्मस्य അനഭിതരസ് ആഗ്രഹം കൂടാതെ അനാഥി സൂഹിതം ഫലം എസ് യുദ്ധം യുദ്ധം ഫലാഗ്രഹം കൂടാതെ യുദ്ധം യുദ്ധ അഖ്യസധർമ്മ യുദ്ധം നമ്മ യുദ്ധമാണ് ക്ഷത്രിയ യുഗർ പരമനിശ്രേയസ് പോയപ്പോൾ പരമനിശ്രേയസ് മോക്ഷത്തിൽ പോകുന്നു തച്ച അങ്ങനെ തത് പരമനിശ്രേയസിന്റെ പ്രാപ്സ് അങ്ങനെ ക്ഷത്രിയം ഫലത്തിലാക്കാൻ കൂടാതെ യുദ്ധമെന്നുള്ള കർമ്മജീതയിൽ നിന്നും പരമനിശ്രേയസം പ്രാപിക്കും തസ്മാ അതുകൊണ്ട് യുദ്ധായ ഉദ്യോഗ പരമപുരുഷാർത്ഥ ലക്ഷണ മോക്ഷ സാധനമില്ല നിശ്ചിത്യ തദർം ഉ തസ്മാേയുധിസ്ഥ തസ് <laughs> <inaudible> സ്മാവ് യുദ്ധമായ ഉദ്യോഗ യുദ്ധത്തിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം തയ്യാറാകുമെന്നുള്ള ഉദ്യോഗം വെച്ച പ്രയത്നം എന്ന അധ്വാനം അതിൽ വ്യാഖ്യാനിക്കുന്നു പരമപുരുഷാർത്ഥലക്ഷണ മോക്ഷസാധനമിൽ അപ്പോ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആ പരിശ്രമം യുദ്ധം തന്നെ അതെന്താണ് മോക്ഷസാധനം മോക്ഷത്തിന് സാധനമാണ് അത്രയും യുദ്ധ യത്നം ഇത് നിശ്ചിത്യ എന്നും ഉറപ്പിച്ചിട്ട് തദർത്ഥം വേണ്ടി ഒത്തിഷ് കഴിഞ്ഞിട്ടു ഭാരതന്മാരായ ഭീഷ്മ ദ്രോണാധികളെ ജയിക്കണമെങ്കിൽ അവർ കുന്നേ പെട്ടുകൊള്ളാതെ ജയിക്കാൻ കഴിയത്തില്ല ജിത്വാസ് ഉപാഭ്യാം ഭരിതമുക്തമാണ് അഖണ്ഡകം ഭക്ഷി പറഞ്ഞു പരാൻമാകം രാജ്യം മോക്ഷസ് ജിത്വോഷ രണ്ടിന്റെ കൂടെ താൽപര്യമാണ് ജയിച്ചിട്ട് അനുഭവിക്കുന്നു എന്ത് ആ കണ്ണക്കം ശത്രുരഹിതമായ തടസ്സങ്ങളൊന്നും രാജ്യം അതിന് വേണ്ടിയിട്ടാണ് ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ വേണ്ടി സല്യം ഈ ശത്രുരഹിതമായ ആ രാജ്യസുഖങ്ങൾ അനുഭവിക്കുക ഇതൊക്കെ യുദ്ധത്തിന് മുമ്പ് പറയുന്ന യുദ്ധം കഴിഞ്ഞ് മഹാഭാരതം പറയേണ്ടതല്ല യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെയൊക്കെ കൊന്നു പക്ഷെ പിന്നെ ഇവരൊന്നുമില്ലാത്തതിന്റെ വിലാപമാണ് ഇവരെല്ലാം വിളിച്ചത് ഇവരൊക്കെ കുണ്ണുകളാണ് ഇവരൊന്നുമില്ലാത്ത ഈ രാജ്യ അസുഖങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പറഞ്ഞ് കരയുകയാണ് എന്താ ധർമ്മപുത്രം വിശേഷിച്ചു കൊത്തല്ല എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സന്യാസത്തിന് തയ്യാറാകും ഇവരില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ രാജ്യം അധികം എല്ലാവരും പോയിട്ട് ഓരോ പക്ഷത്തുള്ള എല്ലാവരും പോയിട്ട് പണ്ടപക്ഷത്ത് എല്ലാം കൂടെ പത്ത് പന്ത്രണ്ട് പേരല്ലേ ശേഷിച്ചോ പിന്നെ ആരാ അനുഭവിക്കും പിന്നെ ആകെ ഉണ്ടായിരുന്നു എന്ന് പോയി കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു ബാക്കി പുരുഷന്മാരെല്ലാം പോയി അതുകൊണ്ട് യുദ്ധത്തിന് മുമ്പ് ഇങ്ങനെ പറയുകയാണ് ശത്രുക്കളില്ലാത്ത രാജ്യങ്ങൾക്ക് നമുക്ക് അനുഭവിക്കാം പക്ഷെ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയുള്ളതാണെങ്കിലും അതിനൊന്നും ഇവരെ കൊന്നിട്ട് ഇതിലൊരു പ്രതിഗ്ധ ഇവരുടെ ചോരം വരേണ്ട ഒന്നു വരികയാണ് അപ്പോ മഹാഭാരത യുദ്ധം കഴിഞ്ഞു വരുന്ന ഭാഗങ്ങളിൽ വായിച്ചത് മനസ്സിലാവും അർജുനൻ പറഞ്ഞാണ് ശരി നൽകി പറയുന്നതല്ല അർജുനൻ എന്താണോ സംശയിച്ചത് അത് അതൊക്കെ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ അർജുനനെ കൊണ്ട് യോ യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും ഇവിടെ ശത്രുരഹിതമായ ഒരു രാജ്യം ആണെങ്കിലേ നമുക്ക് ജയിച്ചിട്ട് അനുഭവിക്കാം അതാണ് പ്രതികൂലേഷ പ്രതികൂലതകളുണ്ടെങ്കിൽ പ്രതികൂലം എന്ന് വെച്ചാൽ ശത്രുക്കളെ ജീവിച്ചിരുന്നു അവരെല്ലാം ഉണ്ടായിരുന്ന ജാഗ്രസ് എന്ന് വെച്ചാൽ അവരെല്ലാം ഉണ്ടായിരുന്നു രാജ്യം സിദ്ധമാണ് രാജ്യം ായസ് അതൊന്നും അനുഭവത്തിന് ഉതകില്ല ഉപകരിക്കില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയല്ല മഹാഭാരതം ഒരു ഇപ്പം പറയുന്ന പോലെ ഒന്നുമല്ല രാജ്യം സിദ്ധമായി പക്ഷെ സന്തോഷമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് അർജുനൻ അനാഥത രാജ്യഭോഗ അനബല്യം പിന്നെ അർജുനൻ എന്താണ് നിഷേധിക്കുന്നത് ഇതിന്റെ തുടക്കത്തിന്റെ അർജുനൻ പൂർവപക്ഷങ്ങളൊക്കെ പറയുമോ യുദ്ധത്തിന്റെ കഠിനികളെ കുറിച്ചും അതെല്ലാം ഓർത്തിട്ട് എനിക്ക് യുദ്ധം വേണ്ട എന്നാണ് പറയുന്നത് മോക്ഷത്തിന്റെ കാര്യവും അർജുനൻ ചിന്തിക്കുന്ന എന്താണെന്നാണ് ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് മോക്ഷം കിട്ടും ആ കാര്യം അർജുനൻ ചിന്തിച്ചില്ല എന്നാണ് മോക്ഷത്തിന് പോയ അപ്പൊ ഇവിടെ ഇവിടെ വെക്കേതാൻ പറയുന്നു ഇവിടെ അക്കാര്യം പറയുന്നു എന്താണോ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും ക്ഷത്രിയൻ ക്ഷത്രിയ ജാതിയുടെ സ്വധർമ്മമാണ് യുദ്ധം യുദ്ധം ചെയ്യുന്ന ഒരുപാട് നാശകഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശരിയാണ് പക്ഷെ മോക്ഷം കിട്ടുമല്ലോ വീരസ്വർഗമല്ല അതിനും അപ്പുറമാണോ മോക്ഷം പരമനിസ്സര ഇവിടെ അങ്ങനെ വ്യാഖ്യാന സാമർഥ്യം കൂടി അർജുനൻ നിഷേധിച്ച സ്വർഗത്തെയാണ് ഇവിടെ സ്വർഗമല്ല അതിനും വലുതാണ് നിനക്ക് നിന്നെ കാത്തിരിക്കുന്നാണ് പറയുന്നത് അതുകൊണ്ട് നിന്റെ ജാതി ധർമ്മം നീ ചെയ്യണം എന്നാണ് അതാണ് അർജുനൻ അനാതൃത രാജ്യഭോഗസാന അർജുനൻ അനാദരിച്ച എനിക്ക് വേണ്ട ഈ ഭോഗങ്ങളൊന്നും വേണ്ട എന്ന് നിഷേധിച്ചു കഴിഞ്ഞ രാജ്യഭോഗം രാജ്യസഭ അതിൽ മാത്ര പരിവസം അതിൽ മാത്രമല്ല യുദ്ധം അവസാനിക്കുന്നു സ്വർഗവും അല്ലെങ്കിൽ അതിന് ഉപരിയായിട്ടുള്ള മോക്ഷവുമാണ് യുദ്ധ അപ്പോൾ ഇത് കേവലം രാജ്യഭോഗത്തിൽ അവസാനിക്കും എന്നല്ല ചിന്തിക്കേണ്ടത് അത് കഴിഞ്ഞ് മോക്ഷത്തിലാണ് അനഭിസം ഇതൊന്നും ഇനി എന്താണ് ഇതൊക്കെ വായിച്ച ആവേശം കൊള്ളുന്നവർ മുമ്പോട്ട് ചെല്ലുമ്പോൾ മഹാഭാരതം വായിക്കുമ്പോൾ ഇതിലൊന്നും അവിടെ ഇതൊന്നുമല്ല സംഭവിക്കുന്ന ഇതൊന്നുമല്ല എന്താണ് ഇന്ന് ഭീഷ്മർ ഉപദേശിക്കുന്നു അവസാനം രാജ്യം സ്വീകരിക്കുന്നു രാജ്യം ഭരിക്കുന്നു രാജ്യം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബോഗങ്ങളൊക്കെ അനുഭവിക്കും അതെല്ലാം കഴിയും പക്ഷെ വീണ്ടും ഇവർ ഈ അരി കൊലകൾ ഇവരെ വേട്ടയാടുക ഇതൊക്കെ എന്തിനു ചെയ്തു മനസ്സമാധാനം മോക്ഷമൊന്നുണ്ടല്ലോ മനസ്സമാധാനം കൊണ്ട് അവസാനമാണ് അപ്പനും അമ്മയൊക്കെ ഇറങ്ങിപ്പോകുന്നത് അവർ മരിക്കുന്നത് ആ ദുഃഖമെല്ലാം മൊത്തത്തിൽ എന്താണോ സഹിക്കാൻ വയ്യാതെ ഹിമാലയത്തിലേക്ക് നടക്കുന്നത് ഹിമാലയത്തിലാണ് സ്വർഗം എന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പം പിന്നെ മരിച്ചതിന് ശേഷം മോക്ഷം കെട്ടിയെന്നൊന്നും പറയുന്നില്ലെങ്കിലും സ്വർഗം വരെ എത്തിയെന്ന് പറയുന്നു അത് പറയുന്നു കുറച്ച് കഷ്ടപ്പെട്ട അപ്പോൾ ഇവിടെ പറയുന്നതല്ല മോക്ഷം കിട്ടുമെന്നാണ് അപ്പോൾ വരുന്ന മഹാഭാരതവും ഇവിടെ പറയുന്ന ഭാഗമായിട്ടൊന്ന് യോജിക്കുന്നു മുമുക്ഷോർഹി രാജ്യഭോഗി ആനുഷങ്കന ഒരു മുമുക്ഷോനെ സംബന്ധിച്ച് രാജ്യഭോഗം രാജ്യസുഖങ്ങൾക്ക് ദോണമാണ് ചെറിയ കാര്യമുണ്ട് അത് സംബന്ധിച്ച് മോക്ഷമാണ് ആ മോക്ഷമാണോ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് അതാണവിടെ ഭാഷത്തിൽ പറഞ്ഞ പരവ മിശ്രേയസ് എന്ന് പറഞ്ഞാൽ പിന്നെ കൗന്ദേയ അതിനെക്കുറിച്ച് പറയുക സമ്പുദ്ധി താത്പര്യമാഹ കൗന്ത എന്ന് പറയുന്ന സംബോധനയാണ് അതിന്റെ താല്പര്യം പറയുന്നു കൗന്ദി പുത്ര സ്ത്രീ കൗന്ദികൻ എന്നും ബുദ്ധിയുടെ പുത്രൻ തവ ഏതേവ യുക്തം ബുന്തിയുടെ പുത്രനാണ് അതുകൊണ്ട് യുക്തമായിരിക്കുന്ന എന്താണോ യുദ്ധമാണ് അതിന് താഴെപ്പറയുന്നു താഴെപ്പറയുന്നതാണ് ശരി ശൂരം സൂദേവിധ രാജപുത്രി രാജപുത്രി എന്നെപ്പോലെയുള്ള ശൂരന്മാരെയാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നത് മഹാഭാരതത്തിന് അതുകൊണ്ട് ഈ ഒരു ശൂര്യനാണ് ഓർമ്മിപ്പിക്കേണ്ടത് വന്തിയുടെ പുത്രനായതുകൊണ്ട് വീരപരാക്രമിയാണ് യുദ്ധം ചെയ്താണ് ഇത് ഈ പ്രസിദ്ധ ഇത് മഹാഭാരത പ്രസിദ്ധമാണ് ഓർമ്മിപ്പിക്കേണ്ടത് സിന്ധി സുതേന കരിണി കുമാരചരിതം അനുസരണ സിംഹത്തിന്റെ പുത്ര മാലിന്റെ കുട്ടിയെപ്പോലെ പ്രവർത്തിക്കാൻ പാടില്ലാല്പര്യം സിംഷി ആണ് കുട്ടി കുട്ടിയുടെ പുത്രനാണ് അതങ്ങനെ പറയാൻ കാരണം ക്ഷത്രീയ വംശത്ത് പിറന്നവളായ ക്ഷത്രിയനാണെങ്കിൽ അതുകൊണ്ട് നീ മാന് കുട്ടിയെപ്പോലെ പെരുമാറാൻ എന്ന് വെച്ചാൽ ശുദ്ധക്ഷേത്ര ജന്മന ത്വ മഹീയസ്വ ധർമ്മസ് വിച്ഛേദ ശുദ്ധക്ഷേത്ര ശുദ്ധക്ഷേത്രം അമ്മയാണ് ക്ഷേത്രം അത് ക്ഷത്രിയമാണല്ലോ അച്ഛന്റെ കാര്യം പറയുന്നില്ല അതാകും കുഴപ്പമാണ് കാരണം അത് ദേവനാണ് അപ്പോ ക്ഷത്രിയനാകണമെങ്കിൽ അമ്മയുടെ അവലിക്കേ ആകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ആയാലും ഇത് അങ്ങോട്ട് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ക്ഷത്രിയനാണോ ആരാണോ എന്നൊക്കെ തീരുമാനിക്കാൻ പ്രയാസമായി എന്നാലും തൽക്കാലം ശുദ്ധക്ഷേത്രമാണോ ക്ഷത്രിയ എന്നാണ് നിന്റെ അമ്മ അതുകൊണ്ട് മഹീയസ് ധർമ്മം പൂജനീയമായ ധർമ്മം അതാണ് യുദ്ധം അതിന്റെ വിച്ഛേദം എന്നൊക്കെ അത് വിച്ഛേദിക്കാൻ പാടില്ല നീയായിട്ട് നീ നിന്റെ തലമുറകളും എല്ലാം ഇനിയും യുദ്ധം ചെയ്യേണ്ടവരാണ് അപ്പോ ഇതുവരെ ആ യുദ്ധത്തെക്കുറിച്ചാകുമ്പോൾ ചെയ്യണം ക്ഷത്രിയനായതുകൊണ്ട് അതാണ് സ്വധർമ്മം എന്ന് പറഞ്ഞു ഇനി മുമുക്ഷോഹോ യുദ്ധാനുഷ്ഠാന പ്രകാരം അടുത്ത ഒരു മുമുക്ഷ എങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് പറയണം ൊക്കെ സമയകൃത്താണ് ലാഭാലാഭോ ദയാജയോ തതോ യുദ്ധായുജ്യസ്നെയും പാപം വാപ്സി ഇവിടെ പോലെ ശരിക്കുള്ള ആത്മീയ ഉപദേശം ഗീതോപദേശം എന്ന് വെച്ചാൽ ഗീത കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പറയുന്ന ഉപദേശം അതിവിടെ തുടങ്ങുകയുള്ളൂ നമ്മൾ ആത്മതത്വത്തെക്കുറിച്ച് പറഞ്ഞു എന്താണ് കർമാനുഷ്ഠാനം അതിനെക്കുറിച്ച് പറയുന്നത് ദേഹാതിരിക്ത അസ്പൃഷ്ടസമസ്തദേഹസ്വഭാവം നിത്യം ആത്മാനം ജാപ്പ യുദ്ധേജർജനീയ ശസ്ത്രപാദാതിനിമിത്തസുഖദുഃഖ് അർത്ഥലാഭാലാഭ ജയപരാജേഷും അവകൾ നൽകത്തില്ലേ സ്വർഗാദിഫല അഭിസന്ധിരഹിത കേവല കാര്യം ഇവിടെ പറയുന്ന ഒരു ചുരുക്കം ഇതാണ് ബാക്കി വ്യാഖ്യാനത്തിൽ പറയും യുദ്ധം കർത്തവ്യമാണെന്നോട് നീ ക്ഷത്രിയം ഇതിൻ്റെ പുലത്തൊഴിലാണ് ജാതിയുടെ കർമ്മമാണ് അതുകൊണ്ട് നീ യുദ്ധം ചെയ്തേ തീരും എങ്ങനെ കർത്തവ്യം എന്താണ് ആലോചിക്കുന്നത് പരമ്പരയായി ക്ഷത്രിയകുലത്തിൻ്റെ കർത്തവ്യമാണ് എന്തോ യുദ്ധം അപ്പൊ അതിന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എന്താണ് സമയകൃത്വമാണ് യുദ്ധം ചെയ്ത എന്നൊന്ന് ഉറപ്പിക്കുകയാണ് എങ്ങനെ ചെയ്യണമെന്നും പറയുന്ന സ്വതത്തെ സമയകൃത്വം അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു എവും അസ്ഥാന സ്നേഹകാരുണ്യ ധർമാധർമ്മ ധിയാഗുലം അർത്ഥം പ്രപന്ന ഉദ്ദേശ്യം ശാസ്ത്രാവലും കൃതം വന്ന അസ്ഥാനത്തിൽ വന്ന സ്നേഹകാരുണ്യങ്ങൾ അതുകൊണ്ട് ധർമാധർമ്മ ധിയാഗുലം എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്നറിയാൻ വയ്യാതെ ത്തോടുകൂടി പ്രപന്നം വാർത്ഥന ഉദ്ദേശ വ്യമുനാചാര്യരുടെ ഒരു ശ്ലോകമാണ് യഥാർത്ഥ സങ്കർഭം അങ്ങനെയുള്ള അർജുനനോട് ഉപദേശിച്ചു അപ്പൊ അവിടെ നമുക്ക് വ്യാഖ്യാനിച്ചാണ് പറയുന്നത് സ്നേഹം കാരുണ്യം എന്ന് പറയുന്നത് ഒക്കെ നല്ലത് തന്നെയാണ് അത് വേണ്ടതാണ് മനുഷ്യന് പക്ഷെ അസ്ഥാനത്തോടെ അർജുനൻ യുദ്ധരംഗത്തേക്ക് വന്നു യുദ്ധരംഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ യുദ്ധത്തിനിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്നേഹം കാരണമൊന്നും വരാൻ പാടില്ല ഇതാണ് യമനാചാര്യൻ പറയുന്നത് എന്തുകൊണ്ട് പാടില്ല ക്ഷത്രിയന് അത് പാടില്ല ക്ഷത്രിയന് യുദ്ധത്തിനിറങ്ങുന്ന ഒരു ക്ഷത്രിയന് സ്നേഹം കാരുണ്യം ആരോടും പാടില്ല അത് ബന്ധുക്കളായാലും ഗുരുതന്മാരായാലും അത് പാടില്ല വന്നു കഴിഞ്ഞാൽ അസ്ഥാനത്തിലോട്ട് സ്നേഹവും കാരുണ്യവുമാണ് നല്ല ഗുണങ്ങളാണെങ്കിലും ശരിയാത് പാടില്ല അത് വന്നുകഴിഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറും അപ്പൊ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല അപ്പോ അർജുനോ ആകെ ാണ് ഇന്ന് വരെ പഠിച്ചിരിക്കുന്ന പാഠങ്ങളെല്ലാം ഇത് തന്നെയാണ് യുദ്ധത്തിൽ പിന്മാറാൻ പാടില്ല പക്ഷേ ഇപ്പോൾ സ്നേഹവും കാരുണ്യവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ചോദിക്കുന്നു ഭഗവാനോട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുകയാണ് എന്നാണ് പറയുന്നത് അത് വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യുദ്ധത്തിൽ പിന്തിരിയാതിരിക്കാൻ വേണ്ടി അക്കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ട അസ്ഥാന സ്നേഹ കാരുണ്യ ധർമാധർമ്മ ധിയാകുലം ധിയ ആകുലത്വം നേരത്തെ പറയുന്നത് മൊത്തം ആശയം പറഞ്ഞിരിക്കും ഉപ്പ ശമിത്തം അതിനെ ശമിപ്പിച്ച് ആകുലതയെന്താണ് അതിനൊരു സമാധാനം ഇതുവരെയുള്ള ഉപദേശം കൊണ്ട് അഥ ധർമ്മത്വേന സ്ഥാപിത മോക്ഷ വിഷയാനുഷ്ഠാനപ്രകാരം വധവീത്യഹ മോക്ഷം ആ അർജുനന്റെ ആ എന്താണ് പ്രസവത്തിന് സമാധാനിപ്പിച്ചു അതിനുപശമിപ്പിച്ചു ഇനി എന്താണ് ഒന്നുകൂടെ ധർമ്മത്വേനെ സ്ഥാപിച്ച സ്ഥിതി ക്ഷത്രിയനാണോ എന്നുള്ളതിന്റെ ധർമ്മമാണ് യുദ്ധം എന്ന് സ്ഥാപിച്ച മൂമുക്ഷുവിഷയാനുഷ്ഠാനം അതാണ് ഇവിടെ മുമുക്ഷുവിന്റെ അനുഷ്ഠാനമാണ് യുദ്ധം എന്നാണ് പറയുന്നത് അത് എങ്ങനെ ചെയ്യും അതാണ് പറഞ്ഞത് മമുക്ഷോർ യുദ്ധാനുഷ്ഠാനപ്രകാരമാണ് ഈ പദ്യത്തിൻ്റെ മമ്മൂട്ടും എന്ന രീതി അതാണ് സുഖത്തുക്കെ സമയപ്പെടുത്തുക അപ്പോ സമ സമബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സർവകാലത്തും സർവമനുഷ്യർക്കും സർവലോകത്തിലേക്ക് ഹിതമായ കാര്യങ്ങളാണ് ആർക്കും എപ്പോഴും കാര്യങ്ങൾ അതാണ് വീതിയുടെ ആശയമായി പറയേണ്ടത് പക്ഷെ അവിടെ സമുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി യുദ്ധം എന്ന് പറയുന്നിടത്താണ് കിശപ്പ് നമുക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പറയുന്ന ഒരു ക്ഷത്രിയനിന്നില്ലാതെ വന്നു കഴിഞ്ഞ ഒരു ചെയ്യേണ്ട യുദ്ധമില്ലാതെ വന്നു കഴിഞ്ഞീതാരോട് പറയും അപ്പൊ ഗീത അപ്രസക്തമായി പോയി നമ്മുടെ യുദ്ധമായ യുദ്ധത്തിന് തയ്യാറാകാൻ പറയാം അതിന് വേറെ എന്താണ് കൃത്രിമ വ്യാഖ്യാനം ഇവരാചാര്യന്മാരും പറയുന്നുണ്ട് അപ്പൊ നാളെ ഒരു കാലത്ത് യുദ്ധങ്ങളില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോ ഇവിടെ ഈ യുദ്ധത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാലത്തിന് യോജിക്കാത്ത മനുഷ്യന്റെ ഭാവിക്ക് യോജിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് യുദ്ധത്തെ കൊണ്ടു വന്നാണ് ബാക്കിയെന്താ തന്റെ കർമ്മങ്ങളെല്ലാം സമബുദ്ധിയോടുകൂടി ചെയ്യുന്ന സുഖ ദുഃഖങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് സർവർഗ സ്വീകാര്യമായ കാര്യമാണ് അപ്പൊ ഗീതയിൽ നിന്ന് അത്രയും എടുക്കാൻ പാടുള്ളൂ യുദ്ധമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഉപേക്ഷിക്കും ഇനി യുദ്ധത്തിന് വേറെ എന്തെങ്കിലും അർത്ഥം എടുക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്നുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥമെടുക്കുന്നു എന്നുണ്ടെങ്കിൽ കൃത്രിമമായ വ്യാഖ്യാനിക്കണം യുദ്ധം എന്ന് വരുന്ന വന്നിടത്ത് ഗാന്ധിജി യുദ്ധം എന്ന് തന്നെ വ്യാഖ്യാനിച്ചു എന്നാൽ ഇവിടെ സമാധാനം എന്ന് പറയുകയും ചെയ്തു അങ്ങനെയുള്ള വൈത്തരണികളെ പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെയാണ് പക്ഷെ സമൂഹത്തിന്റെ യുദ്ധത്തിലെന്താ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും അതിനി പറയുന്നുണ്ടെങ്കിൽ സർവപ്രവർത്തികളിലും സമൂഹം വീതി പറയുന്നു വീതി മാത്രമല്ല മഹാഭാരത പലയിടത്തും പറയുന്നുണ്ട് പല പുരാണങ്ങളിൽ പറയുന്നു പല ഗ്രന്ഥങ്ങളിലും പറയുന്നു പക്ഷെ അത് യുദ്ധത്തിനാണെന്ന് വിശേഷിച്ച് പറയുന്നിടത്താണ് ശരിയാകാത്തത് വ്യഖ്യാനിച്ച എല്ലാവരും കൂടെ യുദ്ധം എന്ന് ആധുനികമായ ചില വിഖ്യാതാക്കൾ വഴി ബാക്കി എല്ലാവരും യുദ്ധം എന്നു പറയും പഴയ വിഖ്യാതാക്കളല്ലാതിന്റെ ശങ്കരാചാര് ഇന്ന് ശങ്കരാചാര്യർ പറയുന്നത് എന്താണ് സാന്ദർഭികമായി അങ്ങനെ പറഞ്ഞു എന്നുള്ളതേയുള്ളൂ അത് യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്ന് ഒരാൾ എന്നൊരു അനുവാദം കൊടുക്കുന്നു എന്നുള്ളതേയുള്ളൂ <���verständ> नबर नबर दे दे जाये जाये। जाये ം ചെയ്യിക്കുന്നു എന്ന് പറയുന്ന ഒരു ദോഷം ഈ പറയുന്ന ആളിന്റെ തലയിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി രാമാനുചാരി അങ്ങനെയാണ് അങ്ങനെയല്ല പറയുന്നത് വ്യാഖ്യാനത്തിൽ പല സ്ഥലങ്ങളിലും കൂടുതൽ സത്യസന്ധത പുലർത്തുന്നത് രാമാനുചാരി ഗീതയോ വിശേഷിച്ചു സത്യസന്ധമായി വ്യാഖ്യാനിക്കാമെന്ന് പറയുന്ന ഒരു കാര്യമാണ് ആ സത്യസന്ധത ശങ്കരാചാര്യർ രമേശിച്ച് കൂടുതൽ പുലർത്തുന്നത് ബഹുമാനിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അത് എഴുതിയിരിക്കുന്ന പോലെ അർത്ഥം പറയുന്നു യുദ്ധം ചെയ്യുന്നിടത്ത് സമഞ്ചത്തോക്കുറം യുദ്ധം ചെയ്യും ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു എന്തുകൊണ്ട് മോക്ഷത്തിന് ഉപകരിക്കുന്നു പരമനിശ്രയസത്തിനുപകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഗീതയുടെ വലിയ അർത്ഥം തന്നെയാണ് പറയുന്നത് ഇവിടെ വ്യാഖ്യാനത്തിന്റെ കഥ ധർമ്മത്വേല സ്ഥാപിത മൂറ്റു വിഷയാനുഷ്ഠാന പ്രകാരം വധർമ്മത്വേല സ്ഥാപിത ധർമ്മമായി ഇവിടെ സമർത്ഥിച്ച ധർമ്മമായി സമർപ്പിച്ചെന്നാണ് യുദ്ധം അത് മുമൂക്ഷു വിഷയ അനുഷ്ഠാനപ്രകാരമാണ് മുമുക്ഷു എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മൂക്ഷം രാജ്യാദി കാമിനി ബുദ്ധിരപേക്ഷ രാജ്യം സ്വർഗം കേവലം ഇതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു സമത്വ ബുദ്ധിയുടെ ആവശ്യം കൊല്ലുക ശത്രുക്കളെ നിരസിപ്പിക്കുകയാണ് എന്നിട്ട് അതാണ് രാജ്യാദി കാമിനി ബുദ്ധിരപേക്ഷിച്ചു രാജ്യാദിയാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ബുദ്ധിയുടെ വിശ്വസിച്ചത് അതോ അല്പ അസ്ഥിര ദുഃഖസമ്മിശ്ര യുദ്ധസാധ്യഫല കിമ്മയ ഇതിനെ സംഗലിയാണ് അവിടെ ഇത് വളരെ വ്യക്തമായി ഈ യുദ്ധം തന്നെയെന്ന് പറയും അല്ല വേറെ ഒന്നും അല്ല പറയുന്നു യുദ്ധം എന്ന് പറയുന്നത് മാനസിക സംഘർഷം എന്ന് പറയുന്നത് എങ്ങനെയുള്ള യുദ്ധം അല്പമാണ് പിന്നെ അസ്ഥിരമാണ് പിന്നെ ദുഃഖമിശ്രമാണ് അല്പവും അസ്ഥിരവുമായ ദുഃഖമിശ്രമാണ് യുദ്ധം അല്പവും അസ്ഥിരവുമായ ദുഃഖമിശ്രമായ യുദ്ധസാധ്യഫലം യുദ്ധസാധ്യമായ ഫലം അതെല്ലാം ഫലത്തിന്റെ വിശേഷമായിട്ടാണ് കാരണം രാജ്യസുഖമാണെങ്കിൽ അത് അല്പമാണ് അസ്ഥിരമാണ് ദുഃഖമിശ്രമാണ് അങ്ങനെയാണല്ലോ അവസാനം ദുഃഖിച്ചാണല്ലോ എല്ലാം അനുഭവിക്കുന്നു അങ്ങനെയുള്ള യുദ്ധസാധ്യ ഫലം യുദ്ധം കൊണ്ട് സാധിക്കുന്ന ഫലം കൊണ്ട് കിം മമ എനിക്കെന്താ പ്രയോജനം എന്ന് ആശങ്ക തന്നെയാണ് എന്ന് ശങ്കിക്കരുതെന്നാണ് ഇവിടെ ഉപദേശിക്കുന്നതിന്റെ താല്പര്യം അല്പമായ അസ്ഥിരമായ ദുഃഖമിശ്രമായ യുദ്ധസാധ്യമായ ഈ രാജ്യഭോകം അത് എനിക്കെന്തിനാണ് എന്ന് ശങ്കിക്കരുത് പിന്നെന്താണത് പൂർവോത്വം ആത്മതത്വജ്ഞാനം അനുഷ്ഠാന ദശായം അനുവർത്തനീയതയാ ദർശി മുമ്പ് പറഞ്ഞത് ആത്മാവിനെ കുറിച്ച് ദയനഞ്ചിന്ത ശ ശസ്ത്രാണിയെന്ന് പറഞ്ഞ ആത്മ തത്വജ്ഞാനം അത് അനുഷ്ഠാന ദശായാം ദയാദർശി അത് ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് അനുഷ്ഠാനമായിരിക്കും എന്ന് വെച്ചാൽ ആത്മതത്വജ്ഞാനം ഉള്ളിലുണ്ടായിരിക്കണം എന്നിട്ട് യുദ്ധം ചെയ്യും എന്നാണ് ആത്മതത്വജ്ഞാന അനുഷ്ഠാനം ആത്മതത്വജ്ഞാനം അനുഷ്ഠാന ദിശായം എന്ന് പറയുന്നത് ഇവിടുത്തെ അനുഷ്ഠാനം എന്ന് പറഞ്ഞ എന്താണ് ഇതെന്ത് നമുക്ക് സാധാരണ കർമ്മങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ശരി എന്നുവെച്ചാൽ വലിയ ചിത്ത വിക്ഷോഭം ഉണ്ടാക്കാത്ത കർമ്മങ്ങൾ അത് നല്ല പ്രവൃത്തികൾ മനസ്സിന് സുഖം ശാന്തി സമാധാനം ഒക്കെ തരുന്ന പ്രവൃത്തികൾ മനുഷ്യരുമായിട്ട് സൗഹാർദ്ദം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ലോകവുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുന്ന പ്രവൃത്തികൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് ആത്മാവിനെ ചൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം അങ്ങനെയുള്ള ഇടത്തെ ഒരു കാരണം മനസ്സിന് സമാധാനമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും ഇവിടെ പറയുന്ന എന്താണ് യുദ്ധം ചെയ്യുന്ന സമയത്ത് ആത്മാവിനെ കുറിച്ച് എന്തിക്കണമെന്നാണ് നടക്കുന്ന കാര്യമാണ് നടക്കില്ല എന്നൊന്നതിന് തെളിവ് എന്താണ് മഹാഭാരത ഇനി ഇവിടെ മുമ്പോട്ട് ചെല്ലുമ്പോ യുദ്ധത്തിന്റെ ഓരോ പർവങ്ങളും നോക്കുക എവിടെങ്കിലും ഈ അർജുനൻ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചോ എവിടെയെങ്കിലും കാണിക്കും എല്ലാ സ്ഥലത്തും എന്താണോ കോപം കൊണ്ടും താപം കൊണ്ടും സങ്കടം കൊണ്ടും ഹർഷം കൊണ്ടും മാനസികമായ ഉന്മാദം കൊണ്ടും വിഷാദം കൊണ്ടും എല്ലാം ഇളകി മറിയുന്ന അർജുനനെ കാണും അവിടെ ഒരു സ്ഥലത്തും അർജുനന് ആത്മ ചിന്തി അത് നടക്കില്ല ും നടക്കുന്ന കാര്യം അതുകൊണ്ടാണ് പറയുമ്പോ ഇത്തരം കർമ്മയോഗ അനുഷ്ഠാനം ഒക്കെ പറയുമ്പോ മറ്റ് ഗുണങ്ങളെ കുറിച്ച് പറയുന്നു മാനസികമായ അഹിംസാ സത്യം ദമം ശമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു അത്തരം ഗുണങ്ങൾ മനസ്സിൽ ആ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ഇത്തരം ആത്മവിചാരം ചെയ്യാൻ പറ്റും മനസ്സ് ശാന്തമായി കഴിയും അല്ലാതെ കാരണം മനസ്സ് പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ മോശം പ്രവൃത്തികളാണ് ചെയ്യണമെങ്കിൽ ആ പ്രവൃത്തിയുടെ ഫലത്തെക്കുറിച്ച് ആശങ്കകളുണ്ടാവും ഭയം ഇതെല്ലാം ഉണ്ടാവും യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്റെ ശരീരത്തിൽ ആയുധം കൊണ്ട് മുറിവേൽക്കാതെ നോക്കണ്ടേ മറ്റുള്ളവനെ വെട്ടാനും കുത്താനും മാത്രം നോക്കിയാൽ മതിയോ അപ്പൊ ഇവിടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കിപ്പോ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഇതുപോലെ എന്താണോ നല്ല സ്വസ്ഥമായി ശാന്തമായി ഒരന്തരീക്ഷത്തിരുന്നേ ചിന്തിക്കാൻ പറ്റും സാധാരണ നമ്മുടെ പ്രവൃത്തി ഇറങ്ങിയാൽ തന്നെ ആത്മാവൊക്കെ മറന്നുപോകും പിന്നെയാണോ യുദ്ധത്തിൽ ണോ ഇത്തരം കർമ്മങ്ങൾ ഒരിക്കലും നടക്കുന്ന കാര്യം അസാധ്യമായ കാര്യം അതിനുനാത്മാവിനെ കുറിച്ചൊക്കെ പരമാവധി ചിന്തിച്ചത് വിശ്വരൂപ ദർശനത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ചിന്തിച്ചു അവിടെയൊക്കെ അത് യുദ്ധത്തിന് മുമ്പാണ് പിന്നെ അവസാനം പറഞ്ഞെനിക്ക് സംശയമെല്ലാം മാറി ബോധമൊക്കെ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു യുദ്ധത്തിനിറങ്ങി പൂർണമായും മറന്നുപോയി അതുകൊണ്ടാണ് അനങ്കീതിയിൽ ചോദിക്കുന്നത് എന്താണ് പണ്ട് എന്തോ അ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാനതെല്ലാം മറന്നുപോയി അപ്പോ ആത്മാവിനെ ചിന്തിച്ചുകൊണ്ടാണ് നിരന്തരം യുദ്ധം ചെയ്തെങ്കിൽ മറന്നു പോകും എങ്ങനെയാ മറക്കുന്നു അപ്പൊ യുദ്ധത്തിൽ ആത്മസ്മൃതിയല്ല സംഭവിച്ചത് ആത്മവിസ്മൃതിയാണ് അവരത് സംഭവിച്ചത് അതുകൊണ്ടാണ് യുദ്ധം കഴിഞ്ഞിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നത് പണ്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല അപ്പം വെറുതെ ഇനി പറയാമെന്നുള്ളതല്ല നമ്മുടെ മനുഷ്യന് സാധാരണ കർമ്മങ്ങൾ സമാധാനമായി ചെയ്യുന്ന കർമ്മങ്ങളെപ്പോലും അവൻ ആത്മാവിനെ ഓർക്കാൻ കഴിയുന്നില്ല അവൻ കർമ്മത്തെക്കുറിച്ചും കർമ്മത്തിന്റെ നാനാവശ്യങ്ങളെക്കുറിച്ചും അതിന്റെ ഫലത്തെക്കുറിച്ചും അത് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ ലാഭമാണോ നഷ്ടമാണോ ഇതൊക്കെ ചിന്തിച്ച മനുഷ്യ സാമാന്യത പോലെ പിന്നെയാണ് യുദ്ധത്തിലെ ആത്മാവിനെ കുറിച്ച് പക്ഷെ അങ്ങനെ ചിന്തിക്കണമെന്ന് യുദ്ധത്തിന് മുമ്പ് പറയാം ആ ഒരു ഇപ്പൊ ഉള്ളെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ പറയാം പക്ഷെ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധം കഴിഞ്ഞും ഇതൊന്നും നടന്നില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് യുദ്ധത്തിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് വ്യക്തമായിട്ടുള്ളറിയാം ീ പറയുന്ന കാര്യങ്ങൾ എന്താണ് നല്ല കമ്പ്ലീറ്റ് അതിന്റെ പുറത്ത് മാന്തോലൊക്കെ ഇട്ട് അതിന്റെ പുറത്ത് കയറിയിൽ ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ പ്രാണായാമം ചെയ്യണമെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഇതുവരെ നടക്കണം ഇന്ന് യുദ്ധത്തിന് പറ്റിയ കാര്യങ്ങളല്ല സമാധാനം നടക്കും ഈ പറയുന്നതൊക്കെ എന്താണ് ഒട്ടും പ്രായോഗികമല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് അവിടെ യുദ്ധമെന്നുള്ള മാറ്റിയിട്ട് മനുഷ്യന് ചെയ്യാൻ പറ്റിയ സമാധാനമായി ചെയ്യാൻ പറ്റിയ സത്കർമ്മങ്ങൾ നല്ല പ്രവൃത്തി അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ ആ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അവിടെ മറ്റ് പൊളിറ്റിക്സൊന്നും വരാനും പാടില്ല വന്നു കഴിഞ്ഞപ്പം നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ചായിരിക്കും ചിന്തിക്കും ആത്മാവൊക്കെ അവിടെ മാറുകയും അവനെന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാനിങ്ങനെ അവനോട് എങ്ങനെ പെരുമാറണം ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും ഇതൊക്കെ എല്ലാവരുടെയും ജീവിത അനുഭവം വളരെ സമാധാനമായി പ്രവർത്തിക്കാനുള്ള പിന്നെ ഒരന്തരീക്ഷത്തിൽ മാത്രമേ എന്താണ് ഈ ആത്മാവിനെ വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പിന്നെ യുദ്ധത്തിൽ ഒരു കാര്യം നടക്കും എന്താണ് ഒരമ്പയക്കുമ്പോ അതുപോയി കൊണ്ടില്ലെങ്കിൽ അയ്യോ കർത്താവേ കൊണ്ടില്ലല്ലോ അങ്ങനെയൊക്കെ സ്മരിക്കാം തിരിച്ചു വന്ന് കൊള്ളുമ്പോ അയ്യോ ദൈവമേ പടച്ചോനെ എന്നൊക്കെ വിളിക്കാം ഇതിനപ്പുറം എന്താണ് അങ്ങനെ സ്മരണം വരും അത് വഴി കിടക്കുമ്പോൾ കാല് കെട്ടിയാലും നമ്മൾ വിളിക്കും അയ്യോ ദൈവമേ എന്ന് പറയും കാലിന് മുള്ളുകൊണ്ടാലും വിളിക്കും അത് മതിയോ അതുകൊണ്ട് യുദ്ധം ഇവിടെ നിന്ന് മാറ്റിയാലേ ശരിയാവും പക്ഷെ ഇവിടെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് കാരണം എന്തുകൊണ്ട് വ്യാഖ്യാതവ സത്യസന്ധനാണ് അതുകൊണ്ട് നമ്മുടെ ശ്രവമുള്ളതായിരിക്കുന്നു നമുക്ക് വ്യക്താതെ വ്യാഖ്യാനിക്കുന്നു അതാണ് പൂർത്ത ആത്മയാത്മതത്വ യാഥാത്മ്യ അനുഷ്ഠാന ദശായം അനുവർത്തനീയം പ്രവർത്തി ചെയ്യുന്ന സമയത്ത് അത് അനുവർത്തിക്കണം ദേഹാതിരിക്തം അസ്പൃഷ്ട സമസ്തദേഹസ്വഭാവം സമസ്തദേഹസ്വഭാവത്തോടും ബന്ധമില്ലാത്തതായ ദേഹത്തിന്റെ ഒരു സ്വഭാവത്തോടും ബന്ധമില്ലാത്ത ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നതാണെന്ന് അതിന് വികാരം സംഭവിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ദേഹവികാരത്തോട് സംബന്ധമില്ലാത്തതായ നിത്യം ആത്മാനന്ദാത്ത ഇങ്ങനെയുള്ള ഒരു ആത്മാവിനെ അറിഞ്ഞിട്ട് എന്നാണ് ഭാഷ്യത്തിൽ പറയുന്നു വിശദീകരിക്കും വിധേജ അവർജനീയ ശസ്ത്രപാതാദി നിമിത്ത അവർജ്ജനീയമായ ശസ്ത്രപാതം എന്ന് വെച്ചാൽ മറ്റുള്ളവർ കൊല്ലുമ്പോൾ തനിക്ക് വേദനിക്കും അവർജനീയമാണ് ശസ്ത്രപാതം ദേഹത്ത് അസ്ത്രങ്ങളൊക്കെ കൊല്ലും കൊള്ളും അതൊക്കെ സംഭവിക്കും അതൊക്കെ അംഗീകരിക്കും നിമിത്ത സുഖദുഃഖ് അതുകൊണ്ട് വരുന്ന സുഖം ദുഃഖമൊക്കെ വരും മഹാഭാരതം വായിച്ചു നോക്കുക അർജുന്റീന ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ ഭീഷ്മരും മറ്റും വിശ്വനോടും മറ്റും യുദ്ധം ചെയ്യുമ്പോൾ ദ്രോണനോടും ഒക്കെ യുദ്ധം ചെയ്യുമ്പോൾ അർജുനനും ഒരുപാട് ഒടിവും ചതുമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴൊക്കെ അർജുനൻ എന്താണോ വളരെ വാശിയോടുകൂടി വീരോടുകൂടി ക്രോധത്തോടുകൂടി യുദ്ധം ചെയ്യുന്നു എന്നാണ് അല്ല ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു എന്നല്ല മഹാഭാരതം പറയുന്നു നടക്കുന്ന കാര്യം യുദ്ധം ചെയ്യുന്നവൻ യുദ്ധ കുറിച്ച് എന്തു ചെയ്യാൻ എങ്ങനെ ജയിക്കാം െ കൊല്ലാം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് യുദ്ധം ചെയ്യണം ആത്മാവിനെ ചിന്തിച്ച യുദ്ധം നടക്കത്തി പറയുന്ന എന്താണ് അവർജനീയ ശസ്ത്രപാതാതിനിമിത്ത സുഖദുഃഖ സുഖദുഃഖങ്ങളുണ്ടാകുന്നു പിന്നെ അർത്ഥലാഭാഭ അർത്ഥത്തിന്റെ ലാഭവും നഷ്ടവും ഉണ്ടാകുന്നു അതൊക്കെ ഉണ്ടാകുമല്ലോ ബന്ധുക്കൾ നശിക്കുന്നു യുദ്ധത്തിൽ ജയം സംഭവിക്കുന്നു ജയപരാജയി ഇതെല്ലാം സംഭവിക്കുന്നു ആവുകൾ ഒരു വികാരവും വരാത്ത ഇതാർക്കും സാധിക്കില്ല അവിടെ യുദ്ധത്തിൽ പങ്കെടുത്ത ഓരോ മനുഷ്യനും അഭിഗ്രഹിക്കാം വികാരങ്ങൾ സംഭവിക്കും അതിനനുസരിച്ച് മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഉപദേശിച്ചിട്ട് കാര്യമെന്ന് ഇനി വേണമെങ്കിൽ യുദ്ധം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിയും ജയത്തിൽ അഭിമാനിക്കാതെ തോണിൽ നിരാശപ്പെടാതിരിക്കാം അങ്ങനെയൊക്കെ പറ്റും അത് സംഭവിക്ക പക്ഷെ അതും യുദ്ധത്തിന് കാണുന്നില്ല യുദ്ധത്തിൽ തോൽവിയിൽ ജയത്തിനെ കുറിച്ചുള്ള പിന്നെ വന്ന നഷ്ടങ്ങളെ കുറിച്ചുള്ള സങ്കടമാണ് കാണുന്നത് എല്ലാവരെയും അവശേഷിച്ച ആത്മത്തെ കുറിച്ചല്ല അപ്പൊ ഈ പറയുന്നത് വെച്ചാൽ അപ്രായോഗികമായൊരു കാര്യമാണ് എന്നാണ് മഹാഭാരതത്തിൽ നിന്ന് മനസ്സിലാവുക ഇത് മഹാഭാരതവുമായിട്ട് ബന്ധപ്പെടുത്തിയത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പറയുന്നുണ്ട് ചില സന്ദർഭങ്ങൾ മഹാഭാരതത്തിൽ തന്നെ വീണ്ടും അർജുന യുദ്ധത്തിന് പോകുന്നുണ്ട് അപ്പൊ അവിടെ അർജുനനോട് നേരിടാൻ വരുന്നൊക്കെ എന്താണ് വളരെ നിസ്സാരന്മാരായ യോദ്ധാക്കളാണ് ഇത് കഴിഞ്ഞ് വീണ്ടും അർജുനന് ഇങ്ങനെ പണി മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം വീണ്ടും യുദ്ധത്തിൽ അപ്പോൾ പറയുന്നു ഇവ തന്നെ നേരിടാൻ വരുന്നവരെ കണ്ടിട്ട് അർജുനൻ എന്ത് ചെയ്യും ചിരിച്ചുകൊണ്ട് അവരോട് അവരോട് യുദ്ധം ചെയ്യുന്നു അവർ ഈ വലിയൊരു മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വരുന്ന ഈ സാധാരണ പോരാളികളോട് യുദ്ധം ചെയ്യുമ്പോൾ അർജുനെ സംബന്ധിച്ചത് ഒരു യുദ്ധമേ അല്ല അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നു അതിപ്പോ നമ്മുടെ ധോനി ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടിലൂടെ ഒക്കെ വലിയ മത്സരം നടത്തി ഇവിടെ ഒരു സാധാരണ ആ ക്ലബിനോട് കളിച്ചു കഴിഞ്ഞാൽ ചിരിച്ചോണ്ടല്ലേ കളിക്കപ്പെട്ടു വേറും ബാശിയും പോകുന്നുണ്ടാവുന്നു അതുപോലെയുള്ളൂ അതൊക്കെ സംഭവിക്കും ആരോട് ഏതിനോട്ടും തോന്നുന്നോടാണ് പക്ഷെ ഭീഷ്മരോടും ദ്രോണരോടും കർണനോടും ഒക്കെ എഴുതിട്ട് ചിരിയല്ല അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശവും മനസ്സിലാണ് ഇതൊന്നും യുദ്ധവുമായിട്ട് ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റില്ല കൂടുതൽ വർണ്ണിച്ചിട്ട് കാര്യമില്ല അപ്പോ ജയപരാജയ ഷാവകൃത്ത ബുദ്ധി സ്വർഗാതിഫല അഭിസന്ധിരയിൽ സ്വർഗാദിഫല താല്പര്യം പാടില്ല അത് ചിലപ്പോ അതും മഹാഭാരത യുദ്ധത്തിന് ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിന്റെ കാര്യം പറയുന്നുണ്ട് വീരസ്വർഗം പ്രാപിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേവല കാര്യം ബുദ്ധി അങ്ങനെയല്ല മഹാഭാരത യുദ്ധത്തിൽ എല്ലാവരും ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളും മരിച്ച സ്വർഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം പറയുന്നുണ്ട് കേവലകാര്യ ബുദ്ധി അങ്ങനെയല്ല ഞാൻ ക്ഷത്രിയാണ് എന്റെ കർത്തവ്യമാണ് അതുകൊണ്ട് ചെയ്തേക്കാം അങ്ങനെയല്ല അങ്ങനെ ചെയ്യണമെന്നാണെന്നവിടെ പറയുന്നു യുദ്ധം ആരംഭസ്ഥാണ് ഈ ഉപദേശത്തിന്റെ താല്പര്യം എന്നാണ് കൂടുതൽ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുക ഏവം കുറവാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാപം വാപ്സ് നിങ്ങൾക്ക് പാപം ഉണ്ടാകത്തില്ല ആ പാപം എന്താണെന്നുള്ള വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നു അല്ലാതെ ഗുരുക്കന്മാരെ കൊല്ലുമ്പോഴുള്ള പാപം അങ്ങനെയല്ല പറയുന്നത് സാറിന് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് പക്ഷെ ആ പാപത്തെല്ലാം ഇവിടെ പറയുക പാപം ദുഃഖരൂപം സംസാരം എന്നാണ് പാപം എന്ന് വെച്ചാൽ ഇവിടെ സംസാരം നിനക്കുണ്ടാകത്തില്ല മറ്റ് ശങ്കരാചാര്യൊക്കെ വ്യാഖ്യാനിക്കുന്ന എന്താണ് പാപം എന്ന് വെച്ചാൽ ഗുരുക്കന്മാരൊക്കെ പാപം അതല്ല നിനക്ക് സംസാരമേ ഉണ്ടാകത്തില്ല നിമുക്തനായിട്ട് എന്നാണ് ഇവിടെ പറയുന്നത് സംസാര ബന്ധാ മോക്ഷ ഇതിന്റെ ഫലം ഒന്നിരുന്ന പരമനിശ്രേയസയാണ് മോക്ഷമാണ് യുദ്ധത്തിന്റെ അപ്പൊ പിന്നെ പാപം എന്ന് പറയുന്നതിന് ഗുരുക്കന്മാരെ കൊല്ലുന്ന പാപം എന്നോട് പറയേണ്ട കാര്യമില്ല അർജുനൻ നേരത്തെ പാപമേവ് അശ്രയേത് അസ്മാൻതായി ഈ അതതായികളെ കൊന്നുകഴിഞ്ഞാൽ എനിക്ക് പാപം വരുമെന്ന് പറഞ്ഞ ആ പാപമാതരണ്ട് സംസാരത്തിൽ നിന്ന് മോചിക്കൽ നിന്നാണ് ഉപദേശത്തിന്റെ സാരം എന്തുകൊണ്ടെന്ന് കാരണം ഇവിടെ ഈ സുഖ ദുഃഖങ്ങളെയൊക്കെ അത് വ്യാഖ്യാതി പറയും സുഖ ദുഃഖങ്ങളെയൊക്കെ സമമാക്കിയൊരു പ്രവൃത്തി ചെയ്യാന്ന് പറയുമ്പോൾ അതിനെന്തോരം വലിയ കഴിയത്തിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു കാര്യം ഒരു പാപമില്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ആത്യന്തികമായ ഫലം കർമ്മയോഗം ജ്ഞാനയോഗം അങ്ങനെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് തന്നെയാണ് ഇവിടെയും